പഴയ നിയമത്തിൽ നിന്ന് നമ്മെ വെല്ലുവിളിക്കുന്ന ചില ദേഭക്തരായ മനുഷ്യരുണ്ട് നമ്മളെപ്പോഴും ജോസഫിൻ്റെ കാര്യം നാം ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ട് പുതിയ നിയമത്തിലെ നാം ഇന്ന് കേൾക്കുന്ന ഈ സത്യങ്ങളുടെ വെളിച്ചം ആ കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് ന്യായപ്രമാണം പോലും കൊടുക്കാതിരുന്ന കാലഘട്ടത്തൊക്കെ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഹൃദയം എന്തായിരുന്നു എന്നുള്ള ബോധ്യത്തോടെ നടന്ന ഒരു ദൈവഭക്തനായിരുന്നു ജോസഫ് അപ്പോൾ ജോസഫിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം ജോസഫ് ജോസഫിനാണെങ്കിൽ ജോസഫിനാണ് ഏറ്റവും ഒരു വിധത്തിൽ പറഞ്ഞ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കാനായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ടായിരുന്നു കാര്യം സ്വന്തം സഹോദരന്മാർ ജോസഫിനോട് ചെയ്തത് താൻ ഉപകാരം ചെയ്ത ആളുകൾ തനിക്കെതിരെ അത് മറന്ന് മറന്ന് കളഞ്ഞു അതുകഴിഞ്ഞ് തെറ്റായ ആരോപണം ഉന്നയിച്ച് തന്നെ ജയിലിൽ അടയ്ക്കുന്നു എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് തനിക്ക് ഈ ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയാനായിട്ട് ഉള്ള ഒത്തിരി കാരണങ്ങൾ അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ നമ്മളെ ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇത് ജോസഫാണ് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നത് ജോസഫാണ് എന്ന് മനസ്സിലാക്കിയ ജോസഫിൻ്റെ സഹോദരന്മാരാകെ പേടിച്ച് അവർക്ക് അവരോട് തന്നെ ക്ഷമിക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്കതും ഒരു പ്രശ്നമാണ് പല സമയങ്ങളിലും നമുക്ക് നമ്മോട് തന്നെ ക്ഷമിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർക്ക് അവരോട് തന്നെ ക്ഷമിക്കാൻ പറ്റിയില്ല അവർ പതിനഞ്ചാം വാക്ക് മുതൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പൻ മരിച്ചുപോയി എന്ന് ജോസഫിൻ്റെ സഹോദരന്മാർ കേട്ടിട്ട് പക്ഷേ ജോസഫ് നമ്മെ ദ്വേഷിച്ചു നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു അവർ ജോസഫിൻ്റെ അടുക്കൽ ആളയച്ചു അപ്പൻ മരിക്കും മുമ്പ് നിൻ്റെ സോദന്മാർ നിന്നോട് ദോഷം ചെയ്തു അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണം എന്ന് ജോസഫിനോട് പറവീ എന്ന് കൽപ്പിച്ചു എന്നിട്ട് പതിനെട്ടാം വാക്യത്തിൽ അവർ പറയുന്നത് അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുമ്പാകെ വീണു ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു അപ്പോൾ ജോസഫിൻ്റെ ആ മനോഭാവം ജോസഫ് പറയുന്നത് ജോസഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നുവോ ഇരുപതാം വാക്യം നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു ആകെയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി അവരോട് ക്ഷമിച്ചു എന്ന് മാത്രമല്ല അവരെ ആശ്വസിപ്പിച്ച് അവരെ ധൈര്യപ്പെടുത്തുന്ന ആത്മാവുള്ള ജോസഫ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞങ്ങളുടെ മൂത്ത മകൾ ഷെക്കൈന ഈ ലോകത്തെ വിട്ട് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കപ്പെട്ടത് അന്ന് രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് വലൂരിലെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് സുഖമായി എന്ന് ചിന്തിച്ച് ഇവിടെ അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് പെട്ടെന്ന് അവൾക്ക് എന്തോ ഇവിടെ ഫ്ലൂയിഡ് ലങ്സിൻ്റെ ഫ്ലൂയിഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു രാത്രിയിലാണ് പെട്ടെന്ന് അവൾക്ക് അസ്വസ്ഥതകൾ കൂടി വന്നതും ഞങ്ങളവിടെ ഒരു ആദ്യം ഒരു കുറച്ചുകൂടെ ചെറിയൊരു ഹോസ്പിറ്റൽ ഞങ്ങൾ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് തന്നെ പെട്ടെന്ന് കുഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറയുകയായി ആദ്യം ഈ കാര്യത്തെ വളരെ ദൈവം ശക്തി തരികയും ആ ഫ്യൂണറിലിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾക്കൊത്തിരി ശക്തി തരികയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ദൈവത്തിൻ്റെ നാമത്തെ അവിടെ മയമപ്പെടുത്താനായിട്ട് ദൈവം സഹായിക്കുകയും ചെയ്യും പക്ഷേ ഈ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പല ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാനായിട്ട് തുടങ്ങി അപ്പോൾ പല ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നതിൻ്റെ കൂട്ടത്തിലുള്ള ചില ചിന്തകൾ വലിയൂരിൽ വെച്ച് ഒരിക്കൽ അവൾക്ക് കിമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കീമോ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കീമോതെറാപ്പിയുടെ വളരെ വളരെ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന് ഡാമേജ് ചെയ്യുന്ന മരുന്നാണ് ആ മരുന്ന് ഈ ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കാനായിട്ട് ശരീരത്തിലേക്ക് മുഴുവൻ ഈ മരുന്ന് വ്യാപിക്കുകയാണ് അത് വ്യാപിക്കുമ്പോൾ അവരൊരു പ്രത്യേക ദൈർഘ്യം വെച്ചിട്ടുണ്ട് അത് ഇത്ര മണിക്കൂറിനുള്ളിലേ അത് ശരീരത്തിലേക്ക് ചെല്ലാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചെന്നാൽ അത് ശരീരത്തിന് പ്രശ്നമാണ് ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ വെച്ച് ട്രീറ്റ്മെൻറ് നടക്കുമ്പോൾ എന്തോ അതിൻ്റെ അവർ സെറ്റ് ചെയ്തതിൽ എന്തോ ഒരു ഒരു എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി ഞങ്ങളും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ഈ പെട്ടെന്ന് ഈ കുപ്പിയും കാലിയായി ഇത് മരുന്ന് ഞങ്ങൾക്കത് പെട്ടെന്ന് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്കതൊരു അത് ഉൾക്കൊള്ളാനും ഇതെന്താണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ആ ചിന്തകൾ ഒക്കെ ഇങ്ങനെ മനസ്സിൽ വന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ചില ഓർമ്മകൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഈ കുഞ്ഞിനെ ശരിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഹാർട്ടിൻ്റെ മസിൽസൊക്കെ വീക്കായതായിരിക്കും അതൊക്കെ ഒരുപക്ഷെ അതിന് ഇതായിരിക്കാൻ കാരണം അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ചെറിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ ഹോസ്പിറ്റലിൽ അവർ ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുള്ള ജീവനോടെ ആണല്ലോ ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത് പക്ഷേ അവർക്കൊരു വെന്റിലേറ്ററിൽ ഇടാനായിട്ട് വെന്റിലേറ്ററിലെ സ്ഥലമില്ല എന്ന് പറഞ്ഞു വെൻറ്റിലേറ്റർ ഇല്ല എന്ന് പറയുന്നു അവിടെയുള്ള രാത്രിയിലുള്ള ഡോക്ടർ പെട്ടെന്നൊട്ടും പരിചയമില്ലാത്തൊരു ഡോക്ടറെ പോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടറാണെന്ന് എനിക്ക് തോന്നി ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു കുഞ്ഞിനെ അല്പം തലയെങ്കിലും ഉയർത്തി പിടിച്ചിട്ട് വേണ്ടേ കിടത്താൻ നേരെ ഫ്ലാറ്റായിട്ട് കിടത്തുന്നു എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള പല ചിന്തകൾ തള്ളിക്കയറി വന്നു കുറച്ചുകൂടെ കുഞ്ഞിന് ലൈഫ് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കണമായിരുന്നു എനിക്ക് അതുമാത്രമല്ല അപ്പോൾ ഈ ചില ആളുകൾ ചെയ്ത ഈ തെറ്റുകൾ തെറ്റുകൾ എന്ന് എനിക്ക് മനസ്സിലേക്ക് തോന്നുന്നു ആ കാര്യങ്ങൾ വരും എനിക്ക് എന്നോട് തന്നെ എൻ്റെ ജീവിതത്തിലെ പല തെറ്റുകൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു കർത്താവ് എൻ്റെ എൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്താണ് അപ്പോൾ ഇതൊരു ഒരു സ്ട്രഗിളായിരുന്നു എന്നാൽ ദൈവം ആ സമയത്ത് എന്നെ ബലപ്പെടുത്തിയും എന്നെ ഈ സാഹചര്യത്തിൽ ഡെലിവറി ചെയ്തത് ഈ രണ്ട് സത്യങ്ങളാണ് ഒന്ന് ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് എന്നോട് തന്നെയുള്ള നമ്മോട് തന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ എസ് എ കി എല്ലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അപ്പൻ പച്ചമുന്തിരിങ്ങാതിന്നതുകൊണ്ട് മക്കളുടെ പല്ല് പൊളിക്കുകയില്ല ഒരു പഴയ നിയമത്തെ മാറ്റി കർത്താവ് ദൈവം അങ്ങനെയൊരു നിയമം വെച്ചു അപ്പം അതുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും തെറ്റുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കുകയില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടായി അതുപോലെ തന്നെ ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നവരാണ് ദൈവത്തിന് തെറ്റ് പറ്റുകയില്ല ദൈവം സർവാധിപത്യമുള്ളവനാണ് ദൈവത്തിന് തെറ്റുപറ്റുകയില്ല അതുമാത്രമല്ല ദൈവം സ്നേഹിക്കുന്ന ഒരു പിതാവാണ് ദൈവം സ്നേഹിക്കുന്ന ഒരു പിതാവാണ് ദൈവത്തിന് തെറ്റ് പറ്റുന്നില്ല എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ ഒരു പക്ഷേ ഈ സാഹചര്യത്തിലൊക്കെ എന്തെങ്കിലും അങ്ങനെ അനുവദിച്ചിട്ടുണ്ടാകും പക്ഷേ ദൈവത്തിന് തെറ്റുപറ്റുന്നില്ല ദൈവം സ്നേഹിക്കുന്ന ഒരു പിതാവാണ് എന്നുള്ള സത്യം ഹൃദയത്തിലേക്ക് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കാര്യത്തിൽ ഇത് അങ്ങ് ഫ്രീ ആയി ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു അന്ന് ഈ തള്ളിക്കയറി വന്ന ഈ ചിന്തകൾ ഞാനിപ്പോഴാണ് വീണ്ടും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ബോധപൂർവം ഒക്കെ ചിന്തിച്ച് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓർത്ത് എടുക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ചിന്ത വന്നിട്ടില്ല അങ്ങനെ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല ദൈവം വന്ന് അതങ്ങ് ഫ്രീ ആക്കി അന്ന് ആ വ്യക്തികളോടുള്ള ഇതിന്ന് ദൈവം അങ്ങ് ഫ്രീയാക്കി അങ്ങനെയുള്ള അല്ല ദൈവം അങ്ങനെ ദൈവം അനുവദിച്ച് ദൈവത്തിന് തെറ്റ് എല്ലാ കാര്യങ്ങളും ദൈവം എല്ലാം അതതിൻ്റെ സ്ഥാനത്ത് അന്ന് വീണ്ടും ഞാൻ ചിന്തിച്ചു അന്ന് ആ ട്രീറ്റ് ചെയ്യുന്ന ആ ഡോക്ടറിനൊന്ന് പറഞ്ഞൂടായിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവിടെ വന്ന ഏതെങ്കിലും ഒരു കാണിക്കണം ഇങ്ങനെ അതൊന്നും പറഞ്ഞില്ലല്ലോ ഒത്തിരി ഒത്തിരി പക്ഷേ ദൈവം ദൈവത്തിന് തെറ്റ് പറ്റുന്നില്ല ദൈവം സർവാധിപത്യമുള്ളവനാണ് ദൈവം സ്നേഹിക്കുന്ന ഒരു പിതാവാണ് ഇവിടെ ജോസഫിൻ്റെ കാര്യം നമ്മൾ വായിച്ചു ജോസഫിനും ഒരുപക്ഷെ തന്നെക്കുറിച്ചും ജോസഫിന് വേണമെങ്കിൽ ചിന്തിക്കാൻ ഒയ്യോ ഞാനി ഈ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായത് ഞാനന്ന് എൻ്റെ ഈ എൻ്റെ ഈ സഹോദരന്മാരോട് ഒക്കെ ഞാൻ ഈ അപ്പൻ്റെ പെറ്റാണ് എന്നുള്ള ആ ഒരു കാര്യം അല്ല എൻ്റെ സ്വപ്നം ഇത് ഞാനവരോടൊക്കെ പങ്കുവച്ചത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഇത് ഈ പ്രശ്നം ഉണ്ടായത് അതെല്ലാം അവനോടും അവൻ ക്ഷമിച്ചു അവൻ്റെ സഹോദരങ്ങളോടും അവൻ ക്ഷമിച്ചു അവൻ്റെ ഹൃദയം എത്ര ശാന്തമാണ് എത്ര സ്വസ്ഥമാണ് അവൻ പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഒരുപക്ഷെ എന്നാൽ ദൈവം അത് എല്ലാം നന്മയ്ക്കായിട്ടാണ് കൂടി വ്യാപരിപ്പിക്കുന്നത് നമുക്ക് നമ്മൾ പലപ്പോഴും ഇവിടെ പറയുന്നതും നമുക്കെല്ലാവരും അറിയാവുന്ന വാക്യമാണ് റോമർ എട്ടിൻ്റെ ഇരുപത്തിയെട്ട് എന്നാലത് ഇപ്പം നേരത്തെ അവർ ചെയ്തത് എന്തെന്ന് അറിയാവുകയാൽ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതിൻ്റെ ഇംപ്ലിക്കേഷൻസ് അവരറിയുന്നില്ല എന്നുള്ളത് നമുക്ക് കേട്ടു അതോടൊപ്പം തന്നെ നമുക്കെപ്പോഴും ഓർക്കാവുന്ന ഒരു കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും സകലവും നമുക്ക് ഏറ്റവും വേദനാജനകമായി തോന്നുന്ന കാര്യം പോലും സകലവും ആത്യന്തികമായി നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമുക്ക് ഉറപ്പോടെ വിശ്വസിക്കാനായിട്ട് പറ്റും സകലവും സകലവും ദൈവം ആത്യന്തികമായി നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു ദൈവത്തിന് തെറ്റുപറ്റുന്നില്ല ദൈവം സ്നേഹിക്കുന്ന പിതാവാണ് നമ്മളെന്തിനാണ് പിന്നെ ആളുകളോട് നമ്മൾ പ്രയാസപ്പെടുന്നത് ആളുകളോട് നമ്മളെന്തിനാണ് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് ആ രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ബന്ധം നമ്മുടെ ഹൃദയത്തിലുണ്ടാവട്ടെ നമ്മുടെ ബന്ധങ്ങളിൽ മറ്റുള്ള നമ്മുടെ റിലേറ്റീവ്സ് ആകട്ടെ നമ്മുടെ നമുക്ക് എതിരെ ചെയ്ത ആരും ആകട്ടെ നമ്മുടെ മറ്റ് ഡ്രൈവേഴ്സ് ആകട്ടെ ഹോസ്പിറ്റൽ ആകട്ടെ ആരോടും നമുക്കങ്ങനെ ദൈവം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിന് തെറ്റ് ഒരു വ്യക്തിക്ക് തെറ്റുപറ്റാം അയാൾ എന്നെ തെറ്റായി ആരോ കൂടെ ഉന്നയിച്ചെന്ന് വരാം ആത്യന്തികമായിട്ട് ഇതെല്ലാം എൻ്റെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് തൻ്റെ പുത്രൻ്റെ സ്വഭാവത്തിന് അനുരൂപനാകുന്നതിന് അങ്ങനെയാണല്ലോ റോമറേട്ടിൻ്റെ ഇരുപത്തി ഒമ്പതിൽ നാം വായിക്കുന്നത് അതിന് ഈ കാര്യങ്ങളൊക്കെ ഓരോ കരുക്കളായി മാറുക മാത്രമാണ് ചെയ്യുന്നത് ഇത് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ